ം മുപ്പത് യോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അയ്യോ കഷ്ട ദിവസം എന്ന് നാൾ അടുത്തിരിക്കുന്നു അതെ യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു അത് മേഘമുള്ള ദിവസം ജാതികളുടെ കാലം തന്നെ ആയിരിക്കും മിസ്രൈമിന്റെ നേരെ വാൾ വരും മിശ്രീമിൽ നിഹതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കുകയും അതിന്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശിൽ അതിവേദനയുണ്ടാകും കൂശ്യരും പൂത്യരും ലൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കൂപ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ കൊണ്ട് വീഴും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു മിസറീമിനെ താങ്ങുന്നവർ വീഴും അതിന്റെ ബലത്തിന്റെ പ്രതാപം താണുപോകും സെവേനെ ഗോപുരം മുതൽ അവർ വാൾ കൊണ്ട് വീഴുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അവർ ശൂന്യദേശങ്ങളുടെ മധ്യേ ശൂന്യമായി പോകും അതിലെ പട്ടണങ്ങൾ ശൂന്യ കൂട്ടത്തിൽ ആയിരിക്കും ഞാൻ മിസ്സറീമിന് തീവച്ചിട്ട് അതിന്റെ സഹായക്കാരൊക്കെയും തകർന്നു പോകുമ്പോൾ ഞാൻ യഹോവയെന്ന് അവരറിയും ആ നാളിൽ ദൂതന്മാർ നിച്ഛിന്തന്മാരായ കൂശ്യരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും അപ്പോൾ മിശ്രയിമിന്റെ നാളിൽ എന്ന പോലെ അവർക്കതിവേദന ഉണ്ടാകും ഇതാ അതു വരുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ ബാബേൽ രാജവായ നബൂഗതനേസറിന്റെ കൈയാൽ മിസ്രൈമിന്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവന്റെ ജനത്തെയും വരുത്തും അവർ മിശ്രയിമിന്റെ നേരെ വാളൂരി ദേശത്തെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും യും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കൈയാൽ ശൂന്യമാക്കും യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോക്കിൽ നിന്ന് ഇല്ലാതാക്കും ഇനി മിശ്രയും ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കയില്ല ഞാൻ മിശ്രയും ദേശത്ത് ഭയം വരുത്തും ഞാൻ പത്രോസിനെ ശൂന്യമാക്കും സോവാൻ തീ വയ്ക്കും നോവിൽ ന്യായവിധി നടത്തും മിസ്രീമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എന്റെ ക്രോധം പകരും ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും ഞാൻ മിസ്രീമിന് തീവിക്കും സീൻ അതിവേദനയിൽ ആകും നോവ് പിളർന്നു പോകും നോഫിന് പകൽ സമയത്ത് വൈദികൾ ആവനിലെയും പി ബസത്തിലെയും യൗവനക്കാർ വാൾകൊണ്ട് വീഴും അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടിവരും ഞാൻ മിശ്രൈമിന്റെ നുഖമുടിച്ച് അവളുടെ ബലത്തിന്റെ പ്രതാപം ഇല്ലാതാക്കുമ്പോൾ തക്നേഹസിൽ പകലിരുണ്ടുപോകും അവളെയോ ഒരു മേഘം മൂടും അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടിവരും ഇങ്ങനെ ഞാൻ മിസ്രീമിൽ ന്യായവിധികളെ നടത്തും ഞാൻ യഹോവയെന്ന് അവരറിയും പതിനൊന്നാം ആണ്ട് ഒന്നാം മാസം ഏഴാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര മിസ്രൈം രാജാവായ പറവോന്റെ ഭുജത്തെ ഞാൻ ഉടിച്ചിരിക്കുന്നു അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്നുവെച്ച് കെട്ടുകയില്ല ചികിത്സ ചെയ്യുകയുമില്ല അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ മിസ്രയും രാജാവായ പറവോന്ന് വിരോധമായിരിക്കുന്നു ഞാൻ അവന്റെ ഭുജങ്ങളെ ബലമുള്ളതിനേയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു വാളിനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വീഴിച്ചു കളയുകയും ചെയ്യും ഞാൻ മിശ്രയും വരെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എന്റെ വാളിനെ അവന്റെ കൈയിൽ കൊടുക്കും പറവോന്റെ ഭുജങ്ങളെയോ ഞാൻ ഉടിച്ചുകളയും മുറിവേറ്റവൻ ഞരങ്ങുന്നതുപോലെ അവൻ അവന്റെ മുമ്പിൽ ഞരങ്ങും ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും പറവോന്റെ ഭുജങ്ങൾ വീണുപോകും ഞാൻ എന്റെ വാളിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിനെ മിസ്രയും ദേശത്തിന്റെ നേരെ ഓങ്ങുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും ഞാൻ മിസ്രയും വരെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചുകളയും ഞാൻ യഹോവയെന്ന് അറിയും